അള്ളാഹുസുബഹാനഹൂവച്ചയാല ഇറക്കിയതുകൊണ്ട് നീ അവർക്കിടയിൽ വിധി തീർക്കുക അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരരുത് അള്ളാഹുസുബഹാനഹൂവച്ചയാല നിനക്ക് ഇറക്കിത്തന്നതിൽ ചില കാര്യങ്ങളിൽ നിന്ന് അവർ നിന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ നീ അവരെ സൂക്ഷിക്കുക അവർ പിന്തിരിഞ്ഞു അവരുടെ ചില പാപങ്ങൾക്കുള്ള ശിക്ഷ അവർക്ക് നൽകാനാണ് അള്ളാഹുസുബഹാനഹൂവച്ചയാല ഉദ്ദേശിച്ചതെന്ന് നീ അറിയുക മനുഷ്യരിൽ പലരും ധിക്കാരികളാണ്